നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവര് നമ്മുടെ ബൈബിൾ സ്റ്റഡി നമ്മളെ മർക്കോസിൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നത് പതിനാറാം അധ്യായത്തില് മർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് മർക്കോസ് വിവരിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കാണുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളില് സ്ത്രീകള് കർത്താവിൻ്റെ കല്ലറക്കലെ ചെന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ ശരീരം ആ കല്ലറയിലില്ല അവിടെ കണ്ട ദൂതൻ അവരോട് പറയുന്നു പതിനാറിൻ്റെ ആറാമത്തെ വാക്യം അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെയില്ല പ്രിയപ്പെട്ടവരെ കണ്ടോ ഈ ലോകമുണ്ടായതിൽ പിന്നെ എല്ലാവരും ഇതേ വരെയുള്ള പലരും പ്രശസ്തരായ ആളുകളും ആ നിലയിൽ ലോകത്തിലെ വലിയ സ്ഥാനങ്ങൾ ഉള്ള ആളുകളുമൊക്കെ മരിച്ചു അവരുടെ കല്ലറകളൊക്കെ ഇപ്പം ചെന്ന് നോക്കിയാൽ ആർക്കും പറയാനൊക്കുകയില്ല അവൻ ഇവിടെ ഇല്ല എന്ന് പറയാനൊക്കുകയില്ല എന്നാൽ കർത്താവായ യേശു കല്ലറയെ സംബന്ധിച്ച് മാത്രമാണ് അവൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കല്ലറ പ്രത്യേകതയുള്ള കല്ലറയാണ് ദൂതൻ അവരോട് പറയുന്നു അവൻ ഇവിടെ ഇല്ല കാരണമെന്താ അവൻ ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ പറയാൻ ഈ ലോകാരംഭം മുതൽ മറ്റൊരാളില്ല കർത്താവായി യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ വെച്ച കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചിലരെയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ പിന്നീടും മരിച്ചുപോയി എന്നാൽ ഈ കല്ലറ എന്നും ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ കല്ലറയേ ഉള്ളൂ അത് കർത്താവായ യേശു കല്ലറയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവൻ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിനെയാണ് അത് കാണിക്കുന്നത് കർത്താവ് ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടിയാണ് മാനവരാശിക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം മുപ്പത്തി മൂന്നര വർഷം കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് നമുക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു തുടർന്ന് ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങളുടെയും അതിക്രമങ്ങളുടെയും മോചനത്തിനായിട്ട് രക്തം ചൊരിയാനായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്തിനു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ചിലപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് അത് ഈ ലോകത്തിന് താന് അദ്വിതീയനാണ് താൻ മരണത്തെ ജയിച്ചവനാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അത് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെ പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ കണ്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവിൻ്റെ അദ്വിതീയത കർത്താവിൻ്റെ അതുല്യത വെളിപ്പെടുത്താനാണ് കർത്താവിൻ്റെ ഉയർപ്പ് എന്നുള്ളത് ശരിയാണെങ്കിലും കർത്താവിൻ്റെ ഉയർപ്പ് അതും കർത്താവിൻ്റെ ജീവിതം പോലെ കർത്താവിൻ്റെ മരണം പോലെ കർത്താവിൻ്റെ ഉയർപ്പും നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് വ്യക്തമാണ് ഒന്ന് കോരിന്തേർ പതിനഞ്ചിൻ്റെ പതിനേഴിലെ പൗലോസ് പറയുന്നു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ അപ്പൊ കർത്താവ് കാൽവറിക്കു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു അതിലെ വിശ്വസിച്ച് ആ നിലയിൽ പാപമോചനമുണ്ട് എന്ന് മാത്രം കൊണ്ട് ഉള്ള നമ്മുടെ വിശ്വാസം അത് അത് പൂർണതയുള്ള വിശ്വാസമല്ല അത് വ്യർത്ഥമായ വിശ്വാസമാണ് കർത്താവിൻ്റെ മരണം പോലെ തന്നെ കർത്താവിൻ്റെ ഉയർപ്പിലും നമ്മൾ വിശ്വസിക്കണം ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നിട്ട് റോമർ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് എങ്ങനെയാണ് അനുഗ്രഹമാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് പൗലോസ വിവരിക്കുന്നുണ്ട് റോമർ നാലിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തി നാല് വാക്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു കർത്താവ് യേശു പറയുന്നത് അപ്പോൾ കർത്താവ് മരിച്ചത് നമ്മുടെ അതിക്രമങ്ങളുടെ മോചനത്തിന് രക്തം ചുരിയാൻ വേണ്ടിയാണ് കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചത് എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്നു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും ആ നീതി കണക്കെടുവാനുള്ളതാണ് എന്നാണ് ആ വാക്യങ്ങൾ വിശദീകരിക്കുന്നത് അപ്പം നോക്കുക കർത്താവിൻ്റെ ക്രൂശുമരണത്തിലാണ് ആ രക്തച്ചൊരിച്ചിലാണ് ഞങ്ങൾ നമ്മുടെ പാവങ്ങളുടെ മോചനം എന്നു വന്നാൽ അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉയർപ്പിലാണ് നമ്മുടെ നീതീകരണത്തെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് നമ്മുടെ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗീയ കോടതി നമ്മൾ തെറ്റുകാരാണ് പക്ഷേ നിന്നെ ശിക്ഷിക്കുന്നില്ല നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നു പറയുന്നതല്ല നീതീകരണം അങ്ങനെ പറയുന്നത് അവനോട് ക്ഷമിക്കുന്നതാണ് നീതീകരണം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് സ്വർഗീയ കോടതി അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം ആ നീതീകരണം എന്താണ് ആ നീതീകരണം കർത്താവിൻ്റെ ഉയർപ്പിലാണ് അത് കൊണ്ടുവന്ന് ഇവിടെ വച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക റോമർ നാലാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലൊക്കെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു കഴിഞ്ഞ കാലഘട്ടത്തിലെ നീതീകരണമൊക്കെ പ്രവർത്തിയിലല്ല വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് പൗലോസ് അതിനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിൽ നമുക്ക് നീതീകരണമുണ്ട് എന്നുള്ള ആ കാര്യം വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി കർത്താവ് ജീവിച്ചത് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചത് നമുക്ക് വേണ്ടി കർത്താവ് ഉയർത്തതും നമുക്ക് വേണ്ടിയാണ് അവൻ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ നീതീകരണത്തിനായിട്ട് അവിടെ ഉയർത്തിരിക്കുന്നു അതിൻ്റെ അടുത്ത വാക്യം വർക്കോസ് പതിനാറിൻ്റെ ഏഴില് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട് ഈ കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞ ദൂതൻ സ്ത്രീകളോട് പറയുന്നു നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഈ കാര്യം പറയണം അതായത് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം പറവീൻ എന്നൊരു സന്ദേശം നൽകി ഈ സ്ത്രീകളെ അയയ്ക്കുന്നു അവിടെ കണ്ടോ അവിടെ നിങ്ങൾ പോയി യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും ആൻഡ് പീറ്റർ എന്ന് പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്ത് പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു സുവിശേഷത്തിലും അങ്ങനെ എടുത്ത് പറയുന്നില്ല അവിടെ ഒക്കെയും ശിഷ്യന്മാരോട് പോയി പറവീൻ എന്ന് മാത്രമേ കാണുന്നുള്ളൂ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇരുപത്തിയെട്ടിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നോക്കുക മത്തായി ഇരുപത്തെട്ടേഴ് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ എന്നേ ഉള്ളൂ പത്രോസിനോടും എന്ന ആ കൊച്ചു പ്രയോഗം മത്തായിയിൽ കാണുന്നില്ല ലൂക്കോസ് ഇരുപത്തിനാലില് ഈ ഈ സംഭവം വിവരിക്കുന്നിടത്തും അങ്ങനെ കാണുന്നില്ല യോഹന്നാൻ ഇരുപതിലും ഈ പത്രോസിനോടും എന്ന പ്രയോഗം കാണുന്നില്ല മർക്കോസിന് മാത്രം പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും എന്നുള്ള ആ പ്രയോഗം കിട്ടിയത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം ഇങ്ങനെ ചിന്തിക്കാം ഈ സ്ത്രീകളുടെ അടുത്ത് ഈ ദൂതൻ പറഞ്ഞയച്ചു നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയണം പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം ഈ സ്ത്രീകൾ യോഹന്നാനും യാക്കോവും പത്രോസും ഒക്കെ ഉള്ള ആ ശിഷ്യന്മാരോടും ഈ കാര്യം പറയുന്നു ആ ദൂതൻ ഞങ്ങളോട് പറഞ്ഞയച്ചു ശിഷ്യന്മാരോട് പറയണം പത്രോസിനോട് പറയണം എന്ന് പറഞ്ഞയച്ചു അപ്പോൾ പത്രോസ് ഇങ്ങനെ ചെവിയോർക്കുക പത്രോസ് ചോദിക്കുന്നു അല്ലല്ല എന്നോട് പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞോ അപ്പോൾ സ്ത്രീകൾ ആലോചിച്ചു പറഞ്ഞു ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പത്രോസിൻ്റെ ഹൃദയം വളരെ ആഹ്ലാദിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തറപ്പിച്ചു പറഞ്ഞ ഒരു വാക്യമുണ്ട് ആ വാക്യം ഇതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായി എഴുതിയ സുശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ ഈ കാര്യം വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ മത്തായി എഴുതിയ സുശേഷം പത്തിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഒക്കെ എന്ന് പറയുന്നത് ആ അവിടെ ശിഷ്യന്മാരോടുള്ള സന്ദേശമാണ് മറ്റായി പത്തിൻ്റെ ഒന്നാം അഞ്ചാമത്തെ വാക്യം നോക്കുക പന്ത്രണ്ട് ശിഷ്യന്മാരെ അയക്കുമ്പോഴാണ് യേശു ഇത് പറഞ്ഞത് ആ പന്ത്രണ്ട് പേരിൽ ഒന്നാമൻ പത്രോസ് തന്നെ ആയിരുന്നു പത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഒന്നാമൻ പത്രോസ് അപ്പൊ പത്രോസ് ഇത് വേണ്ടതുപോലെ കർത്താവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്താ കേട്ടിട്ടുള്ളത് എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ പിതാവിൻ്റെ മുമ്പാകെ തള്ളിപ്പറയും അങ്ങനെയാണെങ്കിൽ പത്രോസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മർക്കോസിൻ്റെ അസുശേഷം പതിനാലാമത്തെ അധ്യായം പഠിച്ചപ്പോഴും നമ്മൾ കണ്ടു പത്രോസ മൂന്ന് വട്ടം തള്ളി പറഞ്ഞു മർക്കോസ് പതിനാലിൻ്റെ എഴുപത്തിരണ്ടാമത്തെ വാക്യം ഒടുവിലത്തെ വാക്യത്തിൽ പത്രോസ അത് അതി ദുഃഖത്തോടെ കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കർത്താവ് അവൻ്റെ അനുതാപത്തെ സ്വീകരിച്ചു അല്ലെങ്കിൽ കർത്താവ് അവനെ ആ നിലയിൽ നിന്റെ പാപം ക്ഷമിച്ചു എന്നൊന്നും പറയാൻ ഇട കിട്ടുന്നതിന് മുമ്പ് കർത്താവിനെ ക്രൂശിച്ചു കർത്താവിനെ അടക്കി എന്നൊക്കെയാണ് നമ്മൾ ആ ചരിത്രം പിന്തുടരുമ്പം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പത്രോസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അലാഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് എന്താ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗീയ പിതാവിൻ്റെ മുമ്പാകെ തള്ളിപ്പറയുമെന്ന് അപ്പം ഈ ശിഷ്യന്മാരിൽ എനിക്ക് മാത്രമാണ് അത് ബാധകം ഞാൻ മാത്രമാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു കർത്താവും അത് കേട്ടു അതുകൊണ്ട് കർത്താവിന് തൻ്റെ വാക്കുകളെ മാറ്റാൻ ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവൻ്റെ വാക്കുകളിലെ വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ തള്ളി പറയും എന്നൊരു പേടി ഒരു പത്രോസിന്റെ മനസ്സിലുണ്ടാവാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഴ്ചവോട്ടത്തിൻ്റെ ഒന്നാം ദിവസം സ്ത്രീകൾ പറയുന്നു ഇതാ ശിഷ്യന്മാരോട് പറകാം പത്രോസിനോടും എന്ന് പറയുമ്പോ പത്രോസ് എടുത്തു ചോദിക്കുന്നു എന്നോട് പറയാൻ പറഞ്ഞോ പറഞ്ഞു എന്ന് പറയുമ്പോ അത് കൊടുക്കുന്ന സന്ദേശം എന്താ പത്രോസെ നിന്നോട് ക്ഷമിച്ചു നീ തള്ളി നിന്നെ ഞാൻ തള്ളിപ്പറയുകയില്ല നിന്റെ സ്വർഗീയമായ നിയമത്തെ മറികടക്കുന്നതാണ് എനിക്ക് നിന്നോടുള്ള കരുണ നിൻ്റെ അനുതാപത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് പത്രോസിനോടും എന്ന പ്രത്യേക പ്രയോഗത്തിൽ വെളിപ്പെടുന്നത് അതുകൊണ്ട് പത്രോസ് അത് ഓർത്തിരുന്നു മർക്കോസിന് സുവിശേഷം രേഖപ്പെടുത്താൻ പത്രോസാണല്ലോ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം മാത്രം ശിഷ്യന്മാരോടും പത്രോസിനോടും എന്ന പ്രയോഗം അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയെല്ലാം പരാജയപ്പെട്ടാലും പത്രോസിനെ പോലെ യഥാർത്ഥ അനുതാപത്തോടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ കർത്താവ് നമ്മളെ തള്ളിപ്പറയുകയില്ല ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അത് നമ്മളെ ഒട്ടേറെ കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും പേടികളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കും പത്രോസിനോടും എന്നുള്ളടത്ത് നമ്മുടെ പേര് ചേർത്ത് പറയുക ശിഷ്യന്മാരോടെല്ലാം പറയുക എനിക്ക് നിന്നോട് കരുണയുണ്ട് പ്രത്യേകിച്ച് നിന്നോടും എന്നുള്ളടത്ത് പത്രോസിനോടും എന്നുള്ളടത്ത് നമ്മുടെ പേര് ചേർത്ത് നമ്മൾ വായിച്ച് ഈ വാക്യങ്ങളെ നമുക്കായിട്ടെടുത്താൽ നമുക്ക് അത് വലിയ ധൈര്യം നൽകും മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തില് ഇവിടെ ഇതാ പത്രോസിനോടും പോയി പറയുക എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്നാ പറഞ്ഞു നോക്കുക കർത്താവായ യേശു ക്രൂശിച്ചത് എരിശിലേമിലാണ് എന്നിട്ട് കർത്താവിൻ്റെ കല്ലറ എരിശിലേമിലാണ് ഈ ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ദൂതനെ സ്ത്രീകളോട് പറഞ്ഞ് അയക്കുന്നു ശിഷ്യന്മാരോട് പറയുക നിങ്ങളെന്താ വേണ്ടത് നിങ്ങളെ ഗലീലയിൽ അവനെ കാണും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു എന്ന പറവിൻ എന്തിനാണ് ഗലീലയിലെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മത്തായി എഴുതിയ സുശേഷം ഇരുപത്തെട്ടിൻ്റെ പത്തില് ഈ കാര്യം പറയുന്നുണ്ട് യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവീൻ അവിടെ അവർ എന്നെ കാണും അപ്പോൾ കർത്താവായ യേശു ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉയർപ്പിന് ശേഷം കർത്താവ് തൻ്റെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഗലീലയിലാണ് ഈ ഗലീലയ്ക്കെന്താ പ്രാധാന്യമുള്ളത് നമ്മൾ പ്രിയമുള്ളവര് മത്തായി എഴുതിയ സുശേഷം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവ് തൻ്റെ ഈ ഭൂമിയിലെ പരശുശ്രൂഷ ആരംഭിക്കുന്നതും ഗലീലയിലാണ് മത്തായി എഴുതിയ സുശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക മത്തായി നാല് പന്ത്രണ്ട് പതിനേഴ് യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലിയിലേക്ക് വാങ്ങിപ്പോയി അവിടെ നിന്നാണ് കർത്താവ് തൻ്റെ യോഹന്നാന്റെ മരണത്തിന് ശേഷം തൻ്റെ പരശ്യശുശ്രൂഷ ആരംഭിക്കുന്നത് എന്നിട്ട് അവിടെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ യശയാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്താ അവിടെ സെബലൂൺ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു കണ്ടോ അപ്പോൾ ഈ ജാതികളുടെ ഗലീല എന്നാണ് ഈ ഗലീല എന്ന് പറയുന്നത് യഹൂദ നാട്ടിലെ ഒരു പ്രോവിൻസാണ് ഒരു പ്രവിശ്യ ആണെങ്കിൽ പോലും ഈ എരിശദീബിനെയൊക്കെ താമസിക്കുന്ന വളരെ അരിസ്റ്റോക്രാറ്റിക്കായ യഹൂദന്മാർ ഈ ഗലീലയെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പൊന്നുമില്ല അത് എന്താ അങ്ങ് വടക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ജാതികളുടെ രാജ്യങ്ങളോട് തൊട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് ഗലീലയും ജാതികളുടെ ഗലീല എന്നാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു താൻ നസ്രയത്തിലാണ് ഗലീല പ്രവിശ്യയിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ അവിടെ നിന്ന് കർത്താവ് കഫർണഹൂമിലേക്ക് ചെന്ന് പാർത്തു അത് ഗലീലയിലെ പിന്നെയും കുറച്ചുകൂടെ വടക്ക് ആ നിലയില് ഗനേശ്വര തടാകത്തിന് അടുത്തുള്ള ഒരു ചെറിയ ഒരു സ്ഥലമാണ് നമ്മളത് ബൈബിളിലെ ആ മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ കർത്താവ് ജീവിച്ചിരുന്ന നസ്രയത്തിനും കുറച്ചുകൂടെ വടക്കുള്ള ജാതികളുടെ രാജ്യത്തോട് കഫർനഹൂം അവിടെ ചെന്നു പാർത്ത് അവിടെ നിന്നാണ് കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി ഇത് അവിടെ നിന്നാണ് ആ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് നമുക്ക് മത്തായി നാലിൻ്റെ പതിനേഴിൽ കാണാൻ കഴിയും അതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുതേറ്റ ശേഷവും തൻ്റെ ശുശ്രൂഷ വീണ്ടും ആരംഭിക്കാനായിട്ട് ഈ ഗലീല ജാതികളുടെ ഗലീല എന്ന് യഹൂദന്മാരെ ആക്ഷേപിച്ചു പറയുന്ന അവിടെ ആരംഭിച്ചത് ഇത് നമുക്ക് വളരെ ധൈര്യം തരുന്ന ഒരു കാര്യമാണ് ഉയർപ്പിന് ശേഷവും കർത്താവ് ജാതികളുടെ ഗലീലയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഉയർ ഉയർത്തപ്പെട്ട കർത്താവ് യഹൂദ മതത്തെ നിരാകരിച്ച് പുതിയ യുഗത്തിന് അല്ലെങ്കിൽ പുതിയ ഉടമ്പടിക്ക് തുടക്കം കുറിക്കുന്നത് ജാതികളുടെ ഗലീലയിൽ നിന്നാണ് നമ്മളും യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ നമ്മളാരാണ് ജാതികളാണ് കണ്ടോ അപ്പോൾ കർത്താവൻ്റെ ശുശ്രൂഷ പുതിയ ഉടമ്പടി അത് യഹൂദന്മാരെ ഉദ്ദേശിച്ചല്ല മറിച്ച് അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം നമ്മൾ ജാതികളായ നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ പരശുശ്രൂഷ ആരംഭിച്ചത് ജാതികളുടെ ഗലീലയിൽ കർത്താവ് ഉയർത്തപ്പെട്ട ശേഷം ശിഷ്യൻ ദൂതൻ ശിഷ്യന്മാരോട് പറയുന്നത് ഗലീലയിൽ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവിടുന്ന് ആരംഭിക്കുന്നു അതുകൊണ്ട് അവിടെ നിങ്ങൾ അവനെ കാണുവീൻ എന്ന പറയുന്നതിൻ്റെ പ്രസക്തി അവിടെയാണ് നമുക്ക് തുടർന്നും ഈ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലെ മറ്റ് ചില വാക്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകാം മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ആ അല്ലെങ്കിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു പതിനാറിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ കർത്താവ് ആ വരെ കാണുമ്പോൾ കർത്താവ് അവര് വിശ്വസിക്കായികയാൽ അവരെ ശാസിച്ചു എന്ന് നമ്മൾ കാണുന്നു പതിനാറിൻ്റെ പതിനാലാമത്തെ വാക്യം അവരെ ശാസിച്ചു കർത്താവ് ശാസിച്ചു എന്തിനാ കർത്താവ് അവരെ ശാസിച്ചത് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നൊക്കെ അവരെ പഠിപ്പിച്ചതാണ് പക്ഷെ അവർ വിശ്വസിച്ചില്ലല്ലോ അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കായകയാൽ പതിനൊരു വരെ അവരുടെ ഹൃദയകാഠിന്യത്തിൻ്റെയും പേരിൽ അവരെ ശാസിക്കുന്നു എന്നാൽ പതിനാറിൻ്റെ പതിനാലിൽ പറയുന്നു പ്രിയപ്പെട്ടവര് വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിശ്വാസവും ഹൃദയകാഠിന്യവും ദൈവത്തിന് നിലയിൽ സഹിക്കാൻ കാര്യമല്ല കർത്താവ് അതിനെ ശാസിക്കുന്നു ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമ്മൾ നോക്കുക അവിടെ പതിനാറാം അധ്യായത്തിൻ്റെ വർക്കോസ് പതിനാറിൻ്റെ പതിനൊന്ന് മുതല് പതിനൊന്ന് മുതൽ ഇവിടെ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷവും കർത്താവ് വിശ്വാസ് വിശ്വസിച്ചില്ല അല്ലെങ്കിൽ വിശ്വാസം അവിശ്വാസം എന്നിവയെക്കുറിച്ച് ഏഴടത്ത് എടുത്തു പറയുന്നുണ്ട് അവർ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അങ്ങനെ വിശ്വാസം അവിശ്വാസം എന്നുള്ളത് അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ളിടത്ത് ഏഴു വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് പതിനാറിൻ്റെ പതിനൊന്നിൽ ഒരു വട്ടം പറയുന്നു പതിനാറിൻ്റെ പതിമൂന്നിൽ ഒരു വട്ടം പറയുന്നു പതിനാറിൻ്റെ പതിനാലിൽ രണ്ട് വട്ടം പറയുന്നു അതുപോലെ പതിനാറിൻ്റെ പതിനഞ്ചിൽ ഒരു വട്ടം പറയുന്നു പതിനാറിൻ്റെ പതിനാറിൽ രണ്ട് വട്ടം പറയുന്നു അപ്പോൾ വിശ്വാസം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കർത്താവെ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കണ്ടോ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്തു വേണം പതിന വാക്യത്തിൽ പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി കർത്താവിൻ്റെ കമ്മീഷനിങ്ങിന് രണ്ട് ഭാഗങ്ങളാണല്ലോ ഉള്ളത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒന്ന് ഭൂലോകത്തിലെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം അത് അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടില് ആ ഗ്രേറ്റ് കമ്മീഷന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്നുണ്ട് എന്താ എല്ലാവരെയും ശിഷ്യരാക്കണം അപ്പൊ സുവിശേഷം പ്രസംഗിക്കണം ശിഷ്യരാക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവർക്ക് നൽകുന്ന ദൗത്യം ആ ദൗത്യത്തില് ഇവിടെ ഒരു കൊച്ചുകാര്യം നമ്മളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും സകല സൃഷ്ടിയോടും എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് മനുഷ്യനാണല്ലോ ദൈവത്തിന്റെ അതുല്യ സൃഷ്ടി സകല മനുഷ്യരോട് സുവിശേഷം പ്രസംഗിച്ചാൽ പോരെ എന്തിനാ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം അതായത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പാപത്തിന് മോചനം നൽകിയതോടെ പാപത്തിന്റെ ഫലമായിട്ട് ആ നിലയില് അതിനടിപ്പെട്ട് പോയ എല്ലാ സൃഷ്ടിക്കുമുള്ള മോചനമാണ് കർത്താവ് തൻ്റെ മ മരണത്തിലൂടെ ഉയർപ്പിലൂടെ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും താന് കർത്താവ് താന് പറയുന്നു നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുശേഷം അറിയിക്കാൻ പറയുമ്പോൾ അവിടെ നമ്മൾ ചില വാക്യങ്ങളെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കിയ കൊലോസിയർ ഒന്നിൻ്റെ 20 23 വാക്യങ്ങൾ കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ റോമർ എട്ടിൻ്റെ പത്തൊൻപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ ഈ ആകാശത്തിൻ കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു സൃഷ്ടി ദൈവൂത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിനായി കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം ഇത്രയേ ഉള്ളൂ പാപം എന്ന് ഈ ലോകത്തെ മുഴുവൻ ആ നിലയിൽ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ തിക്തഫലങ്ങള് പാപത്തിൻ്റെ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ തിക്തഫലങ്ങള് ഈ സൃഷ്ടി മുഴുവൻ അനുഭവിച്ചു അപ്പോൾ കർത്താവായി യേശു ഈ പാപത്തിനെതിരെയുള്ള ആ നിലയിലുള്ള കർത്താവിൻ്റെ ക്രൂശീകരണവും ഉയർപ്പുമെല്ലാം സകല സൃഷ്ടികൾക്കും വലിയ പ്രത്യാശ നൽകുന്ന ഒരു സുവാർത്തയാണ് അതുകൊണ്ട് കേവലം മനുഷ്യനോട് എന്നുള്ളതിനപ്പുറത്ത് സകല സൃഷ്ടിയോടും എന്ന് പറയുമ്പോൾ അത് ആ കർത്താവിൻ്റെ ഉയർപ്പ് കൊണ്ടുവരുന്ന ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു സുവർത്തയെ ദ്യോതിപ്പിക്കാനാണ് വിശദീകരിക്കാനാണ് നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകും നോക്കുക അപ്പം കർത്താവായ യേശു ഉയർപ്പ് എത്ര വലിയൊരു കാര്യമാണ് ഓ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ വീണുപോയ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിൻ്റെ മുഴുവൻ ഉദ്ധാരണത്തിനായിട്ട് പ്രത്യേകിച്ചും ഈ സൃഷ്ടികളുടെ മണിമകുടമായ മനുഷ്യൻ്റെ ആ അതുല്യ സൃഷ്ടിയായ മനുഷ്യൻ്റെ ആ നിലയിലുള്ള നീതീകരണത്തിന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഈ സന്ദേശം സകല സൃഷ്ടിയോടും പ്രസ്താവിക്കണം അതുപോലെ സകല ആളുകളെയും കർത്താവിൻ്റെ ഈ സുവിശേഷം അറിയിക്കുകയും അവരെ ശിഷ്യരാക്കി തീർക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഈ നിലയിലുള്ള ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യം എന്ന് കാണാൻ കഴിയും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ കാര്യത്തെ കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് ആയിരിക്കാം മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് മുതൽ നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നെല്ലാം പറഞ്ഞ് വിശ്വാസത്തെ കർത്താവ് പിന്നെയും ഊന്നിപ്പറയുന്നതാണ് കർത്താവിൻ്റെ അവസാന വാക്കുകൾ പ്രിയപ്പെട്ടവർ നമ്മൾ നേരത്തെ ചിന്തിച്ചു അതിൻ്റെ പതിനാറിൻ്റെ പതിനാലിലെ കർത്താവ് വിശ്വസിക്കായികയാൽ അവരെ ശാസിച്ചു എന്ന് നമ്മൾ കണ്ടു എന്നിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും അവർ വേണ്ട വിധത്തിൽ അവിടെ ഏഴു ഭാഗങ്ങളിൽ അക്കമിട്ട് നമ്മൾ നോക്കി ഏഴു ഭാഗങ്ങളിൽ വിശ്വസി വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ പറയുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസം ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത് കാരണം ഒരു കർമ്മത്തിലല്ല നമ്മുടെ ഹൃദയപൂർവ്വമായിട്ട് കർത്താവിനെ സ്വീകരിക്കുന്നതിലാണ് നമ്മുടെ രക്ഷ ഇത് ഇതേ ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ആ വ്യത്യസ്തമാണെന്നുള്ളത് വിശ്വസിക്കുക ഏതൊരാൾക്കും കിടക്കയിൽ കിടക്കുന്ന ആളിനും രോഗിയായ ആളിനും വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളിനും ഒരു തീർത്ഥാടനത്തിന് പോകാൻ പണമില്ലാത്ത ആളിനും ആരോഗ്യമില്ലാത്ത ആളിനുമെല്ലാം വിശ്വാസമെന്നൊരു കൊച്ചു കാര്യത്തിലൂടെ കൊച്ചു കാര്യമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അത് വലിയ കാര്യമാണ് ആ കാര്യത്തിലൂടെ ദൈവമക്കളായി തീരാനായിട്ട് കഴിയും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും വീണ്ടും ജന്മം പ്രാപിക്കാനായിട്ട് കഴിയും സ്വർഗരാജ്യത്തിന് പങ്കാളികളാകാൻ കഴിയും ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി തീരാനായിട്ട് കഴിയും ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ കർത്താവ് അവിടെ വീണ്ടും എടുത്തു ചെയ്യുന്നത് നമ്മൾ നോക്കുക നമുക്ക് വളരെ വേഗത്തിൽ ഈ വിശ്വാസത്തിലൂടെ രക്ഷ എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് യോഹന്നൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യോഹനന്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നതിനെ പറയുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുന്നതിനെ കുറിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അപ്പോൾ അവനെ കൈക്കൊള്ളുന്നതാണ് കൈക്കൊള്ളുന്നത് അതുപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുമ്പോൾ കർത്താവിനെ കൈക്കൊള്ളുന്നതാണ് അതുപോലെ തന്നെ ആ വാക്യം പറയുന്നത് അവനെ വിശ്വാസത്തിൽ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീർന്നു ദൈവമക്കളായിത്തീർന്നു ദൈവമക്കളായി തീർന്നു അപ്പോൾ സ്ഥലപ്രവൃത്തി പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് അവിടെ ആ അവിടെ നമ്മളെ കാണുന്നത് ഇതുപോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം പാപമോചനം ലഭിക്കും അപ്പൊ പാപമോചനവും വിശ്വാസത്താലാണ് നമ്മൾ പറഞ്ഞു വന്ന വ്യക്തമായ യോഹനാൻ ഒന്നിൻ്റെ പറയുന്നു അവനെ കൈക്കൊള്ളാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് ദൈവം മക്കളാകാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് അപ്പോസിലവർത്തി പറയുന്നു പാപങ്ങളുടെ മോചനം സംഭവിക്കുന്നത് വിശ്വാസത്താലാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പറയുന്നു വീണ്ടും ജനനം വീണ്ടും ജനനം റീജനറേഷൻ നടക്കുന്നത് വിശ്വാസത്താലാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ നോക്കുക അപ്പോൾ അതും വിശ്വാസത്താലാണ് നടക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിത്തീരുന്നതിനെ കുറിച്ച് എഫ് എ സി വായിക്കുന്നു അവിടെയും അതിനുള്ള വഴിയായിട്ട വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റായി ഇരുപത്തെട്ടിൻ്റെ പത്തൊൻപതിൽ ത്രിയേക ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെയും വിശ്വാസമൂന്നി പറയുന്നു റോമർ പത്തിൻ്റെ ഒമ്പതിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ പാവലോകത്തിൽ നിന്നും അതിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഈ ലോകത്തിൻ്റേതായ ആ നിലയിലുള്ള മൂല്യബോധത്തിൽ നിന്നും ഒക്കെയുള്ള ടോട്ടലായ ഒരു രക്ഷ അതും വിശ്വാസത്താലാണെന്ന് നമ്മളവിടെ കാണുന്നു നോക്കുക അപ്പോൾ കർത്താവ് കൊണ്ടുവന്ന ഈ മാർഗം വിശ്വാസത്തിൻ്റെ മാർഗമാണ് ഈ വിശ്വാസത്തിൻ്റെ മാർഗം വളരെ അതുല്യമായ ഒരു മാർഗമാണ് മതങ്ങളെല്ലാം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് രക്ഷ നേടാനായിട്ട് പറയുമ്പോൾ നിന്റെ പ്രവർത്തികൾക്ക് കേവലം കർത്താവ് ചെയ്ത കർത്താവ് ആ പ്രവൃത്തി ചെയ്തു ആ പ്രവൃത്തിയിൽ വിശ്വസിച്ച് നീ ഇത് സ്വീകരിച്ചാൽ നീ കർത്താവിനെ സ്വീകരിക്കുന്നു നീ കർത്താവിൻ്റെ മകനായി തീരുന്നു നിനക്ക് പാപമോചനം ലഭിക്കുന്നു നിനക്ക് വീണ്ടും ജനനം നീ ഒന്ന് ഈ ഭൂമി ജനിച്ചിട്ടുണ്ട് രണ്ടാമത് സ്വർഗീയ കുടുംബത്തിൽ ജനിക്കുന്നത് യോഹനാന്റെ സുശേഷ നാലാമധ്യായത്തില് മൂന്നാം അധ്യായത്തില് കർത്താവ് ഈ കാര്യം നിക്കോദേമോസിനോട് യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദേമോസിനോട് പറയുന്നത് നമുക്കറിയാമല്ലോ അവനെ അത് മനസ്സിലായില്ല പൊതുജനനം വീണ്ടും ജനനം എന്താണെന്ന് അവന് മനസ്സിലായില്ല അങ്ങനെ ആ സ്വർഗീയ കുടുംബത്തിൽ വീണ്ടും ജനിക്കുന്നതും അതും വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിത്തീരുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത് സഭയുടെ ഭാഗമായി തീരുന്നത് ഈ കാര്യമൊക്കെ വിശ്വാസത്താലാണെന്ന് എഫ് എസ് എർ അഞ്ചിൻ്റെ മുപ്പത് പറയുന്നു ദൈവത്തോടുള്ള അടുത്ത ബന്ധം വിശ്വാസത്താൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ഈ പാപകരമായ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ രക്ഷ അത് വിശ്വാസത്താലാണ് ഇത്രയും കാര്യങ്ങളാണ് വിശ്വാസത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ് നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ഭീഷണി അതുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മുടെ ഹൃദയത്തെ ജാഗരൂകരായി ശ്രദ്ധിക്കണം ഇതിൻ്റെ അകത്തൊരു കാഠിന്യം വരാം നമ്മുടെ കൂടെ ഒക്കെ നിന്ന പല ആളുകളും വളരെ പെട്ടെന്ന് ഹൃദയ കാഠിന്യം വരിക പെട്ടെന്നല്ല ക്രമേണയായിരിക്കാം വന്നത് പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് വെളിവാകുക അപ്പൊ ഹൃദയാഠിന്യം വന്നു കഴിഞ്ഞാൽ ആ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെതായ ആ രക്ഷണപ്രവർത്തിക്ക് പുറത്തായിപ്പോയി അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ലഭിച്ച വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താം ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ജാഗരൂകരായിരിക്കാം നമ്മളെ മർക്കോസിന്റെ സുവിശേഷം പതിനാറിൻ്റെ പതിനാറിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് അവിടെ പറയുന്നത് രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്ക വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അവിടെ നമ്മൾ കാണുന്നത് അത് പലർക്കും ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് അവിടെ എന്താ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ സ്നാനം കൂടെ ചെയ്താലക്ഷ വരികയുള്ളൂ അങ്ങനെയാണെങ്കിൽ സ്നാനമെന്ന് പറയുന്നത് ഒരു കർമ്മമല്ലേ ആ കർമ്മം കൊണ്ടാണോ രക്ഷിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് എങ്ങനെ പറയാം ഈ സ്നാനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പഴയ സൃഷ്ടിയെ മരണത്തിലൂടെ ആ നിലയിൽ നമ്മളടക്കം ചെയ്യുകയും അതുപോലെ സ്നാനത്തില് നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോയ നമ്മളെ ഉയർപ്പിക്കുന്നതിൻ്റെ ഒരു നിഴലായിട്ട് നമ്മളെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം രക്ഷയുടെ ഒരു പ്രതീകവത്കരണമായിട്ടുള്ള പരസ്യ ഒരു ശുശ്രൂഷയാണ് നമുക്കറിയാം ക്രൂശിലേക്കള്ളൻ സ്നാനപ്പെട്ടില്ല പക്ഷെ അവനോട് കർത്താവ് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കുന്നു പ്രദീസയിലിരിക്കുന്നു അപ്പോൾ വിശ്വാസ നമ്മൾ രക്ഷയെന്ന് പറയുന്നത് വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും നീ ഇന്ന് എന്നോട് കൂടെ പറയിലിരിക്കും പക്ഷേ അത് ഒന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെട്ട ആളുകളെ ഉടനെ തന്നെ സ്നാനപ്പെടുത്തുകയായിരുന്നു വിശ്വാസമില്ലാത്ത സ്നാനം ഇന്ന് പലയിടത്തും ശിശു സ്നാനമൊക്കെ ഉണ്ട് അവിടെ വിശ്വാസമില്ല അങ്ങനെ വിശ്വാസമില്ലാത്ത സ്നാനം കേവലം ചടങ്ങാണ് എന്നാൽ സ്നാനമില്ലാത്ത വിശ്വാസം ഓ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താ പുറമേ ഒരു സാക്ഷ്യം നമ്മൾ നൽകാതെ ആന്തരിക രക്ഷ മാത്രം കരസ്ഥമാക്കുന്നവരായി നമ്മൾ നിന്നു പോകും ദൈവത്തിൻ്റെ പ്രമാണം എന്താ ദൈവം ആ നിങ്ങളെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കർത്താവ് ഇതിനോട് ചേർത്താണ് ഇവിടെ പതിനാറിന്റെ പതിനാറിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും എന്നാൽ അതിൻ്റെ ഒരു പരസ്യ സാക്ഷ്യമെന്നുള്ള നിലയിൽ പരസ്യസാക്ഷ്യം എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് വേണം സ്നാനപ്പെടണം അതിനെ കർത്താവ് ഈ പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നുവെന്ന് രക്ഷിക്കപ്പെടും എന്നാ പറഞ്ഞിരിക്കുന്നു അവിടെ ആ സ്നാനത്തില് ആ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്ന പഴയ സൃഷ്ടിയെ മരണത്തിലൂടെ അടക്കുന്നു ഒഴിവാക്കുന്നു എന്നതിനെ എന്നതിൻ്റെ പ്രതീകമാണ് ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നത് ഉയർപ്പിലൂടെ ദൈവത്തിൻ്റെ പുതുസൃഷ്ടിയുടെ ഭാഗമാകുന്നു എന്നതിൻ്റെ പ്രതീകമാണ് അപ്പം ഇതെല്ലാം നമുക്ക് കാര്യത്തെ രക്ഷെയും സ്നാനത്തെയും നമുക്ക് ഗൗരവമായിട്ടെടുക്കാം അവിടെ നമ്മൾ ഈ സ്നാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പലയിടത്തും കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ സ്നാനത്തിന് ശേഷം എന്ത് വേണം പരിശുദ്ധാത്മസ്നാനവും പ്രധാനപ്പെട്ടതാണ് അപ്പം രക്ഷ സ്നാനം പരിശുദ്ധാത്മ സ്നാനം ഒന്ന് കോരിയർ ഇന്ത്യർ പന്ത്ര പത്തിൻ്റെ രണ്ട് ഒന്ന് കോരിന്ത്യർ ഇവിടെയൊക്കെ നമ്മൾ കേവലം ആ സ്നാനം മാത്രം അല്ല അതിനുശേഷം പരിശുദ്ധാത്മ സ്നാനം വെള്ളത്തിലും മേഘത്തിലും കൂടെ സ്നാനമേൽക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നു നമ്മളതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നു പത്തൊൻപത് പതിനാറിൻ്റെ മർക്കോസ് പതിനാറിൻ്റെ പത്തൊൻപത് വായിക്കുന്നു ഇങ്ങനെ കർത്താവായു അവരോട് അറി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കർത്താവെന്ത് തൻ്റെ പ്രവൃത്തി തികച്ച ശേഷം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു അവരോ ശിഷ്യന്മാരോ അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു കണ്ടോ രണ്ട് കൊച്ചു ക്രിയാപദങ്ങളാണ് ഇരുന്നു പുറപ്പെട്ടു കർത്താവ് ഇരുന്നു അവർ പുറപ്പെട്ടു പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ രക്ഷണ പ്രവൃത്തി പൂർത്തീകരിച്ച് താൻ ഇരുന്നു പക്ഷേ അത് ആളുകളോട് പ്രഘോഷിക്കാനായിട്ട് ശിഷ്യന്മാർ പുറപ്പെട്ടു പുറപ്പെട്ടു അപ്പം ഇരുന്നു പുറപ്പെട്ടു കർത്താവ് ഇരുന്നു അവർ പുറപ്പെട്ടു അവർ പുറപ്പെട്ട അവരെ കർത്താവ് ആ താൻ അവിടെ ഇരുന്ന് തന്നെ അവരെ സഹായിക്കുന്നതാണ് ആ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് കണ്ടോ കർത്താവ് തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു നമ്മുടെ ശുശ്രൂഷ നമ്മുടെ മുമ്പിൽ കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ പുറപ്പെട്ട് എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കുന്നതും ശിഷ്യരാക്കിക്കൊള്ളുന്നതും നമ്മൾ പറഞ്ഞല്ലോ ഈ ദൗത്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് പ്രസംഗിക്കുന്ന ഭാഗം എല്ലാ സുരോടും സുവിശേഷം അറിയിക്കുന്ന ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ എല്ലാവരെയും ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗവും ഉണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ഇരുന്നു നമുക്ക് പുറപ്പെട്ട കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരായി നമുക്കായിരിക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ